എല്ലാവർക്കും എന്റെ പ്രണ മഹാബലി ചരിത്രം വേദാന്തത്തെ സംബന്ധിച്ച് ചില സുപ്രധാന കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരും ഒന്ന് വേദാന്തം ഉജ്ജ്വലമായ ശാസ്ത്രം പരമസത്യം സംശയരഹിതമായി വെളിപ്പെടുത്തി തരുന്ന ശാസ്ത്രം വേദാന്തം എന്ന പദത്തിന് ഉപനിഷത്ത് എന്നാണ് അർത്ഥം വേദത്തിൻ്റെ അന്തം മിക്കവാറും ഉപനിഷത്തുകളൊക്കെ ഏതെങ്കിലും ഒരു വേദത്തിൻ്റെ അവസാനമാണ് ഇടയ്ക്കും ഉപനിഷത്തുകളുണ്ട് എങ്കിലും പ്രായണ ഉപനിഷത്തുകളെല്ലാം വേദത്തിൻ്റെ അന്തോ മറ്റൊരു തരത്തിലും വേദാന്തം ഉപനിഷത്തം അറിവിൻ്റെ അന്തം ഉപനിഷത്തിൻ്റെ സത്യം അറിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ കൂടുതലായി ഒന്നും അറിയാനില്ല ഏകവിജ്ഞാനേന സർവവിജ്ഞാനം ആ സത്യം പിടികിട്ടിയാൽ അതോടെ എല്ലാം അറിയപ്പെട്ടു അപ്പോ മറ്റേത് ശാസ്ത്രത്തെപ്പോലെയും വേദാന്തം പഠിക്കാനും വിശേഷിച്ച ആചാരാനുഷ്ഠാനങ്ങളൊന്നും ആവശ്യമില്ല സദാചാര അനുഷ്ഠാനങ്ങൾ സദാചാരം ഒന്നും വേണ്ടെന്നല്ല പറയുന്നത് പക്ഷെ വേദാന്തം പഠിക്കാൻ അതിൻ്റെ അത്യാവശ്യമൊന്നുമില്ല ഗീത ഇക്കാര്യം എത്രയോ സ്ഥലത്ത് വ്യക്തമാക്കുന്നു അർജുന നീ അങ്ങത്തെ പാപിയാണെന്ന് വെച്ചോ ആ പാപമൊന്നും ഉടനെ അങ്ങോട്ട് തുടച്ച് മാറ്റാൻ പറ്റിയെന്ന് വരില്ല ഈ ജ്ഞാനം കൂട്ടിച്ചേർത്ത് അത്രയേ ഉള്ളൂ അഭിജയൻ അസി േഭ്യ പാപേഭ്യ പാപകൃത്തുമാനപ്രം സരിഷ്യസി സൂപ്പർലെറ്റീവ് ഡിഗ്രിയ പാപകൃത്ത അതിനപ്പുറം ഒരു പാപം ചെയ്യാനില്ല അത്ര പാപയാണെന്ന് വെച്ചം ജ്ഞാനപ്ലവേനവ ീ ജ്ഞാനമാകുന്ന തോണിയിൽ കരയറും അതിവേലും നിനക്കതിനെ തരണം ചെയ്യാൻ കഴിയും കാര്യം ശരിയാണ് ഒന്നേ ഉള്ളൂ ഇവിടെ രണ്ടിട്ടില്ല ഇതാണ് വേദാന്തം പഠിപ്പിക്കുന്ന സത്യം ആ സത്യം ഉറപ്പായാൽ പിന്നെന്ത് പാപം എന്ത് പുണ്യം ഗീതയോക്ക സദാചാരങ്ങൾ പലതും പറയുന്നുണ്ടല്ലോ അത് അതൊന്നും വേണ്ടെന്ന് വേദാന്ത ഒരിക്കലും എല്ലാം അഭ്യസിച്ചോളൂ കൃഷ്ണൻ ഭാഗവതത്തിൽ ഉദ്ധവരോട് പറയുന്നുണ്ട് കിം ഭദ്രം കിം അഭദ്രം അവ ദ്വൈതസ്യവസ്തുനിയത് ഉദ്ധവരെ ഈ ദ്വൈതം ഇല്ലാത്ത ഭ്രമമാണ് വസ്തുവല്ല ഇല്ലാത്തതിന് നിങ്ങൾ നല്ലതെന്നും ചീത്തതെന്നും വേർതിരിക്കുന്നതിലെന്തർത്ഥം സത്യം ഉറപ്പുവരുന്നതുവരെ അങ്ങനെയൊക്കെ വേർതിരിച്ചൊള്ളുക പക്ഷേ ആ വേർതിരിപ്പിനൊന്നും വലിയ സാങ്കത്യം ഇല്ല ദ്വൈതസ്യ അവസ്തുവിനാണ് ഇത് കൃഷ്ണൻ രുവാക്കളാണ് ദ്വൈതം വസ്തുവല്ല വസ്തുവനസ്തീതത്തെ എന്ത് വേറെ ധരിക്കാൻ ഗുണദോഷദൃശം ദോഷരെ ഗുണമെന്നും ദോഷമെന്നും വേർതിരിക്കാൻ പോകുന്നതാണ് ദോഷം ഗുണസ്തു ഉഭയമർജിത ഇത് രണ്ടും ഉപേക്ഷിക്കും എന്തിനാ രണ്ടും ബ്രഹ്മമാണെന്ന് കാണൂ പിന്നെ എന്ത് ഗുണം ഒക്കെ ഒരേ ബ്രഹ്മമാണെങ്കിൽ ഇത് ഗുണമുള്ള ബ്രഹ്മം മറ്റേത് ഗുണമില്ലാത്ത ബ്രഹ്മം സത്യമുറപ്പിക്കും അതുവരെ വേണമെങ്കിൽ ഗുണമെന്നോ ദോഷമെന്നോ എന്തൊക്കെ വേണോ വിചാരിച്ചു അപ്പൊ വേദാന്തം പഠിക്കാൻ വിശേഷിച്ചൂരുതിയൊന്നുമില്ല വിശേഷിച്ചും മഹാബലിയുടെയും മഹാബലിയുടെ കുടുംബത്തിൻ്റെയും ചരിത്രം അക്കാര്യം വ്യക്തമാക്കുന്നു നമ്മളത് ആദ്യമേ വിവരിച്ചതാണല്ലോ ഹിരണ്യ കക്ഷിപ്പ് മുതൽ മഹാബലി വല്ലതും അല്ലെങ്കിൽ ഗംഭീര വേദാന്തികൾ ഇതൊരു കാര്യം പിന്നൊന്ന പലരും മറക്കുന്ന ഒരു വസ്തുവാണ് നമ്മളിനെ എന്തൊക്കെ പഠിച്ചാലും ശരി ചന്ദ്രനിലോ സൂര്യനിലോ പോയിട്ട് വന്നാലും ശരിയല്ല നമ്മുടെ ജീവിതത്തിൻ്റെ അന്തിമ നിമിഷങ്ങൾ ശാന്തി നിറഞ്ഞതല്ലെങ്കിൽ ആ ജീവിതം പൂർണ്ണ പരാജയമാണ് പൂർണ്ണ പരാജയം എന്തുകൊണ്ട് നമുക്ക് ശാന്തിയില്ല പിന്നെ നമ്മൾ മറ്ററിവുകൾ ആർക്ക് പകർന്നു കൊടുത്താലും അവർക്കും ശാന്തി കിട്ടാൻ പോകുന്നില്ലല്ലോ നമുക്ക് തന്നെ ശാന്തി ഇല്ല പിന്നെ മറ്റുള്ളവർക്കെന്നെ ശാന്തി വ്യക്തിജീവിതം വിജയിക്കുന്നത് ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ പരമശാന്തി അനുഭവിക്കുക ആര് ചോദിച്ചാലും ഞാൻ അത്യന്തം ശാന്തൻ എനിക്ക് ഒരു പ്രശ്നവുമില്ല അതിരക്ഷ ശാന്തി പറയാൻ കഴിയണം അത് കഴിയണം അത് നമ്മെ പ്രാപ്തരാക്കാൻ വേദാന്ത സത്യത്തിനല്ലാതെ മറ്റൊന്നിനും സത്യമല്ല ഒന്നിനും മറ്റൊക്കെ വലിയ ശാസ്ത്രങ്ങൾ തന്നെ ഇപ്പൊ മാത്തമാറ്റിക്സ് ഒട്ടേറെ കണക്കിൻ്റെ ഫോർമുലകളൊക്കെ പഠിച്ചുവെച്ചു ജീവിതം അവസാനിക്കാൻ പോകുന്നു ആ ഫാർമുലകൾ ഓർമ്മിച്ചതുകൊണ്ട് എനിക്ക് ശാന്തി മറ്റേത് ശാസ്ത്രം പഠിച്ചാൽ കിട്ടുക അതാണ് ആചാര്യസ്വാമികൾ പറഞ്ഞത് ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമത്തെ സഭാപ്തേ സന്നിഹിതയും മരണേ നഹി നഹി രക്ഷത്തി ലുഹൃഞ്ഞ് കരണേ ഗംഭീരമായ ഒരു ശാസ്ത്രമാണ് സംസ്കൃതത്തിൽ വ്യാകരണം പാണിനി മഹർഷി എഴുതിയ അഷ്ടാധ്യായീ സൂത്രങ്ങൾ അതിന് പിന്നെ നമ്മുടെ യോഗാചാര്യനായ പതഞ്ജലി എഴുതിയ മഹാഭാഷ്യം ഇതൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു ശാസ്ത്രമാണ് പക്ഷേ ഈ ശാസ്ത്രം ഈ സൂത്രങ്ങൾ കാണാതെ പഠിച്ചു വെച്ചിരുന്നാലും അവസാന കാലത്ത് ജീവിതം അവസാനിക്കാൻ പോവുകയാണ് ഈ സൂത്രങ്ങൾ പറഞ്ഞാൽ സുഖം കിട്ടുമോ നേരെ മുറിച്ച് ഈ സത്യം ഉറപ്പിച്ചു വെക്കുക എന്ത് സത്യം ഈ സത്യം ഉറയ്ക്കും തോറും സുഖമാണ് ഉറമായി ഉറച്ചാൽ പരമസുഖം എന്ത് സത്യമാണ് ഇവിടെ പലതല്ല പലത് കാണുന്നത് വെറും ധർമ്മമാണ് ഈ സംസാരം വെറും ഒരു സ്വപ്നം ദീർഘസ്വപ്നമിമ മിഥി ദീർഘമുവാ ചിത്തവിഭ്രമം ദീർഘങ്ങി മനോരാജ്യം സംസാരം രഘുമല്ലാം അതിഷ്ടം ബ്രാഹ്മനോട് പറയും അല്ലേ ബ്രാഹ്മ ദീർഘസ്വപ്നമിമ മിഥി ഇതൊരു നീണ്ട സ്വപ്നമാണ് എന്താ അങ്ങനെ തോന്നുന്നില്ലേ നമുക്കൊക്കെ പോയ പയസാവുന്നു പത്തോ എൺപതോ ഒക്കെ മരിക്കാറാവുന്നു കഴിഞ്ഞ കാലത്തെക്കുറിച്ചൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെയൊക്കെ കൂടെ ഉണ്ടായിരുന്നു എനിക്ക് പറയും എല്ലാ ആളുകളും മരിച്ചു പലരും ചെറുപ്പത്തിലേ തന്നെ മരിക്കുന്നു ഒരു സ്വപ്നമല്ലാതെ എന്തായിരുന്നു കഴിഞ്ഞ കാലം എന്ന് പറഞ്ഞാൽ വലിയ വേദാന്തമൊന്നും പഠിച്ചില്ലെങ്കിൽ പോലും ഇത് വെറും ഒരു സ്വപ്നം കഴിഞ്ഞകാല ജീവിതങ്ങളൊക്കെ എന്തിന് സ്വപ്നം എന്തിനാണ് എന്ന് ചോദിക്കുമ്പോൾ അല്ല അല്ലാതെ ഇല്ല ദീർഘസ്വപ്നമിത്തി ദീർഘം ചിത്തവിഭ്രമം അല്ലെങ്കിൽ മനസ്സിൻ്റെ ഒരു വിഭ്രമം ഈ സംസാരം ദീർഘം അപ്പൊ മനോരാജ്യം നീണ്ട ഒരു മനോരാജ്യം പോകുന്നു കുട്ടിയായിരനെ പഠിച്ചു ഉദ്യോഗം ഒരിടത്തും അവസാനിക്കുന്നില്ല ഇന്ദ്രനായാൽ മനോരാജ്യം അവസാനിക്കുമോ അവസാനിക്കില്ല ഒരാളും നമ്മളൊക്കെ വായിച്ചു നോക്കുക ഇന്ദ്രനെപ്പോലെ മനോരാജ്യം ഉള്ള മറ്റൊരാളില്ല അപ്പൊ എവിടെ അത് ദീർഘ ആവി മനോരാജ്യം മനോരാജ്യത്തിൽ അങ്ങനെ മുന്നോട്ടു പോകുന്നു ഒരു ദിവസം ഈ ഇലക്ട്രിക് ലൈറ്റിന്റെ സ്വിച്ച് ഓഫ് ചെയ്യുന്നതുപോലെ സംഗതി തീരുന്നു ഇതല്ലേ ജീവിതം അതൊന്നും വേണ്ടെന്നല്ല എന്തു വേണോ ആയിക്കോളൂ ഈ ബ്രഹ്മസത്യം കൂട്ടിച്ചേർത്തുള്ളൂ അതിനപ്പുറം ഇനി ഒരു സത്യം ശാസ്ത്രവും ഒരിക്കലും കണ്ടെത്താൻ പോകുന്നില്ല അപ്പോ ആരംഭം മുതൽ കുറെശയങ്കിലും ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് തള്ളിക്കളയരുത് എന്താ പറയുക ജ്ഞാനമൊന്നും നമുക്ക് ആവശ്യമില്ല നമുക്ക് ആവശ്യം ഭക്തിയാണ് എന്ത് ഭക്തി ഭക്തി എന്താണെന്ന് നിശ്ചയമില്ല ജ്ഞാനം എന്താണെന്ന് നിശ്ചയമല്ല ആരോ പറഞ്ഞു കൃഷ്ണൻ ഗീതയിൽ എന്താ ഉപദേശിച്ചത് ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ല കൃഷ്ണൻ പറയുന്നു ഞാൻ ജ്ഞാനം ഉപദേശിച്ചു അത് വിശ്വസിക്കാൻ കഴിയാതെയല്ലേ നമ്മൾ ഈ ചോദ്യം ചോദിക്കുന്നത് അർജുന ഇതിത്തെ ജ്ഞാനമാഖ്യാതം എന്നല്ലേ അവസാനം പറയുന്നത് ഒന്നും കൂട്ടിച്ചേർത്തിട്ടില്ല ഇതിത്തെ ജ്ഞാനമാഖ്യാതം ഗുഹ്യതരന്മ അത്യന്തം രഹസ്യമായിട്ടുള്ള പ്രപഞ്ചസത്യം ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു നീ കണ്ണുമടച്ചൊന്നും വിശ്വസിക്കണ്ട ഞാൻ പറഞ്ഞതാണ് അങ്ങനെ ഒരേർപ്പാടീതക്കില്ല കണ്ണുമടച്ച് വിശ്വസിപ്പിക്കുക വിമർശിച്ചതശേഷേണ അശേഷേണ വിമർശ്യ നല്ലതൊന്നും വിമർശിക്കൂ എതിലും അനുകൂലവും ആയ യുക്തികളൊക്കെ കൊണ്ടുവന്നു വിമർശിച്ചിട്ട് സത്യം മനസ്സിലാക്കൂ എന്നിട്ട് യഥേച്ഛസി തഥാകുരം ഞാൻ പറയുന്നത് പോലെ തന്നെ പ്രവർത്തിക്കണം എന്നൊന്നും എനിക്ക് നിർബന്ധമില്ല വേദാന്തിക്ക് അങ്ങനെ ഒന്നിലും ഒരു നിർബന്ധവുമില്ല ഇത് ആരോ പറഞ്ഞു ഞാൻ കൃഷ്ണൻ പറയുന്നുണ്ടല്ലോ ജ്ഞാനമാണ് ഉപദേശിച്ചതെന്ന് ഒരു സംശയവും കൂടാതെ അതൊന്നും ആരും വകവയ്ക്കുന്നില്ല കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിൽക്കട്ടെ ആരോ ഒരു വയസ്സായ ബ്രാഹ്മണൻ പറഞ്ഞെന്ന് എന്നോട് നേരം പോക്കായിട്ടാണോ അത് പറഞ്ഞതാണോ ഏ കൃഷ്ണൻ ഇത് ജ്ഞാനമാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ പോ ചൊല്ലും കണ്ണാലിമേച്ച് നടന്ന ചെറുകൻ ഒന്നും നിശ്ചയമില്ല എന്തെങ്കിലും പറയും അതൊന്നും നമ്മൾ ഓരോക്കേണ്ട കാര്യമില്ല എന്നുള്ള മനോഭാവമാണ് കൃഷ്ണൻ പറഞ്ഞാലെന്താ ഗീത ഉപദേശിച്ച് കൃഷ്ണൻ പറയുന്നു ജ്ഞാനമാണെന്ന് പിന്നെ ഭക്തിയാണോ കർമ്മമാണോ കർമ്മഭക്തി സമന്വയമാണോ വലിയ വാത പൊതുഭാഗം എപ്പോഴും ഗീതയെക്കുറിച്ച് നടക്കുകയാണ് ഇതിൻ്റെയൊക്കെ വലിയ ആവശ്യവും വാസ്തവത്തിലുണ്ടോ അതോ ഗീത നേരെ വായിക്കുന്നില്ല എന്നർത്ഥം അതോ മഹത്തായ സത്യദർശനം അത് ഇന്നാർക്കേ പോലുള്ളൂ ഒരു വ്യവസ്ഥയുമില്ല അതാണ് വേദാന്ത സത്യം എന്നുവെച്ചാൽ ഇതാരും പഠിക്കണം എപ്പോൾ പഠിക്കണം ആർക്കാണോ ആവശ്യമുള്ളതായ പഠിക്കണം നമ്മുടെ ശാസ്ത്രങ്ങളും മറ്റും എന്താ വ്യവസ്ഥ നിങ്ങൾക്കാവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കും പഠിച്ചാൽ നിങ്ങൾക്ക് ജീവിതം രക്ഷപ്പെടുത്താം സമൂഹം മുഴുവനും രക്ഷപ്പെടുമോ സടില്ല സമൂഹം മുഴുവൻ സത്യമറിഞ്ഞാൽ സമൂഹം രക്ഷപ്പെടും സത്യമറിയാത്ത ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല വേറെ ഒരു ഉപായവും കൊണ്ടും ഞാൻ ചോദിക്കട്ടെ ശാസ്ത്രീയമായ സത്യം വെളിപ്പെട്ടിട്ടുള്ളു ആ സത്യമറിയാതെ അസത്യത്തിൽ മുഴുകിയാൽ ആ രവിടെ രക്ഷപ്പെടാൻ പോകൂ അപ്പോ മഹാബലിയുടെ ചരിത്രം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് ഈ സത്യം അറിഞ്ഞനുഭവിച്ചാൽ മാത്രമേ ജീവിതത്തിന് ഏതെങ്കിലും ഒരു നിമിഷത്തിൽ ശാന്തിയും ധന്യതയും കിട്ടും നമുക്കത് ആവശ്യമല്ലേ അശാന്തമായി ജീവിതം അവസാനിച്ചാൽ പിന്നെന്ത് ജീവിതം അതുകൊണ്ട് അതിനു വേണ്ടി വേദാന്തം പഠിക്കുക ആർക്കും ഇത് പഠിക്കാം എപ്പോഴും എവിടെ വെച്ചും പഠിക്കാം ഇത് പഠിച്ചാൽ എന്താ എല്ലാം നഷ്ടപ്പെടുന്നു ജീവിതത്തിൽ പക്ഷേ നാം അത്യന്തം ആഗ്രഹിച്ച ആനന്ദം ഒരു വ്യവസ്ഥയിലില്ലാത്ത ആനന്ദം അതിരത്ത ശാന്തി ഭഗവാന്റെ അത്ഭുതകരമായ അനുഗ്രഹം ഏത് ഭഗവാന്റെ ബ്രഹ്മത്തിന്റെ ബ്രഹ്മം എപ്പോഴും കൂടെ നിൽക്കുന്നു എന്ന് തോന്നാൻ ഇതാണ് മഹാബലിക്ക് അവസാനം ലഭിച്ചത് എന്താ ഭഗവാൻ ഒടുവിൽ മഹാബലിയോട് എന്താ പറഞ്ഞത് മഹാബലി എല്ലാരും വന്നുചേരുന്നു മഹാബലിയുടെ ബന്ധുക്കളൊക്കെ ഭാര്യത്തെ അപ്പുപ്പനത്തെ മറ്റു ബന്ധുക്കളൊക്കെ ഒന്നും ഭഗവാൻ പറഞ്ഞു മഹാബലി നിങ്ങളെ ഞാൻ സുതലത്തിലേക്കയക്കുകയാണ് കാലൊക്കെ എടുത്ത് മാറ്റി തലയിൽ സുതലം സുതലം എന്ന് ദേവന്മാർക്ക് പോലും കിട്ടാത്ത അത്ഭുതകരമായ അതുതന്നെയാണ് ഒരു ബ്രഹ്മനിഷ്ഠന് കിട്ടുന്ന സുഖം അതിന്റെ ഒരു പ്രതീകമാണ് സുതല്ലം സുത്തല്ലം എന്ന വാക്ക് തന്നെ അതാണ് അവിടെ ഇരുപ്പിന്റെ കണികം ഒരു ഇല്ല നല്ല ഒരിടം അത് ഈ ആത്മാനുഭവം ജിതാത്മന പ്രശാന്ത പരമാത്മാസമാഹിത ശീതോഷ്ണസുഖദുഃഖേഷു തഥ ോഹോ കൃഷ്ണൻ ഗീതയിൽ പറയുന്ന ഭാഗമല്ലേ നിങ്ങൾ നിങ്ങളെ ഉദ്ധരിക്കൂ വേറെ മാർഗമൊന്നുമില്ല പറഞ്ഞു തരാം ഉദ്ധരിക്കാനുള്ള ഉപായം പറഞ്ഞു തരാം അവനവൻ തന്നെ ഉദ്ധരിക്കണം ഉദ്ധരേത് ആത്മാനാത്മാനൻ അർജുന നെയ്നെന്നെ ഉദ്ധരിക്കൂ ആത്മാന അവസാദയേ ആത്മാവിന് ഒരിക്കലും തരം തഴ്ത്തിക്കളയരുത്ത് എങ്ങനെ ആത്മാവിനോത്തരിക്കുക ആത്മാവിൻ്റെ മറ നീക്കൂ ഒരു മറ രാഗദ്വേഷം മറ ഭേദിന്തയും രാഗദ്വേഷവും ഇത് വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവിനെ നശിപ്പിക്കുക ആത്മാവിനെ നശിപ്പിക്കാനൊക്കില്ല ഒരു വെളിച്ചത്തിൻ്റെ മുമ്പിൽ മറയ്ക്ക് കട്ടി കൂട്ടിയാൽ വെളിച്ചത്ത് നശിപ്പിക്കുന്നതിന് ചുല്യമാണ് അതുപോലുള്ളൂ ഇത് നമുക്ക് ചെയ്യാൻ വയ്യ കൃഷ്ണൻ ആവർത്തിച്ചു പറയുക ഉദ്ധരേതാത്മനാത്മാനൻ വേറെ ഒരു ഉദ്ധരിക്കലും ഇല്ല ഖേദചിന്തയും രാഗദ്വേഷവും ഒഴിവാക്കുക അപ്പോ അതാ മറ മാറി വലിയൊരു പ്രകാശം തെളിയുന്നത് പോലെ ആത്മാനന്ദം പ്രസാദരൂപത്തിൽ തെളിയും പ്രസാദരൂപത്തിൽ അതും കൃഷ്ണൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ആത്മയിൽ വർഷ്യാത്മനോ ബന്ധു നമ്മളാണ് നമ്മുടെ ബന്ധുവോ ആത്മയിൽ വരിപുരാത്മന നമ്മളാണ് നമ്മുടെ ശത്രുന്ന് വെച്ചാൽ എത്ര കണ്ട് ഭേദചിന്ത രാഗദ്വേഷം വളർത്തുന്നു ആത്മാവിൽ നാം നമ്മുടെ ശത്രുവായി പ്രവർത്തിക്കുക എത്ര കണ്ടത് കുറയ്ക്കുന്നു ഈ സത്യം മനസ്സിലാക്കിയിട്ട് ബ്രഹ്മസത്യം മനസ്സിലാക്കിയിട്ട് എത്ര കണ്ടത് കുറയ്ക്കുന്നു അത്ര കണ്ടെന്നാണ് നമ്മുടെ മിത്രമായിത്തീരുന്നു അർജുന അതിലുള്ളത് ഉദ്ധരേത് ആത്മനാത്മാനം ആത്മാന അവസാദരേ ആത്മയിലോ ആത്മനോ ബന്ധുരാത്മയിലൊരി പുരാത്മന എന്തിനാകത്ത് ജിതാത്മന പ്രശാന്ത പരമാത്മാസമാഹിത ജിതാത്മന മനസ്സിന് അവിടെ ആത്മശ്ദത്തിന് മനസ്സെന്നാണ് അർത്ഥം ക്ഷേദചിന്തയും രാഗദ്വേഷവും ഉണ്ടാക്കുന്നതും വളർത്തുന്നതും മായാ നിർമ്മിതമായ ഈ മനസ്സാണ് ഇതെവിടുന്ന് വന്നു എന്നാർക്കും നിശ്ചയമില്ല എന്തിനു വന്നു എന്ന് നിശ്ചയമില്ല സത്യം അന്വേഷിക്കുന്നില്ലെങ്കിൽ നമ്മെ നിരന്തരം ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നു ഈ മനസ്സ് അതുകൊണ്ട് ആത്മാവിനെ ജയിക്കൂജിതാത്മന മനസ്സിനെ ജയിച്ച ഒരാളിന്ന് പ്രശാന്ത നല്ല പ്രസന്നം പ്രശാന്തൻ അതല്ലേ അദ്ദേഹത്തിന് എന്താ ഗുണം പരമാത്മാസമാഹിത അദ്ദേഹത്തിൻ്റെ ചുറ്റുപോലും പരമാത്മാവ് നിറഞ്ഞു നിൽക്കുന്നു മഹാബലിക്ക് ഈ കോലാഹലമൊക്കെ ഉണ്ട് പക്ഷേ അദ്ദേഹത്തിന് ചുറ്റും ബ്രഹ്മം നിറഞ്ഞു നിൽക്കുന്നു അതുകൊണ്ടാണ് എന്തൊക്കെ സംഭവിച്ചിട്ടും ആ മുഖത്തിൻ്റെ പ്രസന്നതയ്ക്ക് ഒരു കുറവുമില്ല മനസ്സിനൊരു ചാഞ്ചല്യവുമില്ല മനം പോലും അപ്രതപ്പെട്ടു പോയി ഇയാൾമായ ജയിച്ചിരിക്കുന്നു അവിടെ അവ നമുക്കെല്ലാം നഷ്ടപ്പെടുന്നു നമ്മളീ ബ്രഹ്മസത്യം ഉറപ്പിച്ചിട്ടുണ്ടോ ഒന്നും നഷ്ടപ്പെടുന്നില്ല നഷ്ടപ്പെടുന്നില്ലെന്നല്ല മറ്റുള്ളവർക്ക് നഷ്ടപ്പെടുമ്പോൾ ആനന്ദത്തിൻ്റെ പരിപൂർണത്വം ഇത് ശ്രമിച്ചു നോക്കണം ഇത് നമ്മുടെ മനസ്സിന് ഈ രാഗദ്വേഷങ്ങൾ കുറെ ശം മാറിക്കിട്ടിയാൽ തന്നെ അപ്പതന്നെ മനസ്സിലാകും എന്തു സുഖം ഇന്നലത്തെക്കാളൊക്കെ ഇന്നെന്ത് സുഖമെന്ന് പ്രശ്നമൊന്നുമില്ല ജീവിതം എത്ര ധന്യം എന്ന് അല്പം ഈ ശ്രമത്തിൽ നമുക്ക് ഉറപ്പ് വന്ന അതൊക്കെയാണ് ബ്രഹ്മം രക്ഷിക്കും അല്ലെങ്കിൽ വാമനൻ പറയുന്നു മഹാബലേ നിന്നെ ഞാൻ രക്ഷിക്കും എന്താ കൃഷ്ണൻ പറഞ്ഞിട്ടില്ലേ അനന്യാശ്ചിന്തയും തോമം അതിവിടെ സ്പഷ്ടമാകുമ്പോൾ അനന്യാശിന്തയും തോമ ഏതൻ അപ്പാസത്തെ നിത്യാഭിയുക്താന യോഗക്ഷേമം മഹാമ്യഹം അർജുന അവരുടെ യോഗക്ഷേമം ഞാൻ നോക്കും അവരുടെ യോഗക്ഷേമം നോക്കുമെന്ന് വെച്ചാൽ അവർ ഈശ്വരൻ ഇങ്ങോട്ട് താഴോട്ട് തുറന്നു അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്ത് വീട്ടുകാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ എന്നല്ല അർത്ഥം ആതിരത്തെ ആനന്ദം അവർക്ക് ലഭിക്കുന്ന ആനന്ദത്തെ നഷ്ടപ്പെടുത്താൻ ഈ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല അങ്ങനെ ആ ഉറപ്പാണ് ഇവിടെ വാമനം നൽകുന്നത് അലര മഹാബലെ സുതലത്തിലേക്ക് പോകുള്ളൂ ഭഗവാനെ അപ്പൊ ഞാൻ അവിടെ പോയാലോ അവിടെ പോയാൽ നീ ഒന്നും പേടിക്കണ്ട രക്ഷിച്ചേ സർവതോഹം ത്വാം നിന്നെ എല്ലാ തരത്തിലും ഞാൻ നോക്കും എല്ലാ തരത്തിലും രക്ഷിച്ചേ സർവതോഹം ത്വാം സാനോഗമെന്ന് സപരിച്ഛദം എടോ നിന്നെ മാത്രമല്ല നിന്റെ കൂടെ ഇപ്പൊ ആരൊക്കെ സുതലത്തിലേക്ക് വരുന്നുള്ളോ അവരെയൊക്കെ ഞാൻ നോക്കും ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിൽ ഒരാൾക്ക് ഈ ബ്രഹ്മനിഷ്ഠ ഉറച്ചു കിട്ടാമെങ്കിൽ ആ കുടുംബത്തിന് മുഴുവൻ ആനന്ദം കിട്ടും അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടിലും അദ്ദേഹത്തിൻ്റെ സംരക്ഷണയിലും ആ കുടുംബം മുഴുവൻ രക്ഷപ്പെടും എന്നുവെച്ചാൽ ഭഗവാൻ അനുകൂലിക്കും ഇത് നിയമമാണ് ഈ ബ്രഹ്മാനുഭവത്തിൻ്റെ നിയമമാണത് ഇവിടെ തന്നെ ഭഗവാൻ പ്രഹ്ലാദനെയൊക്കെ കൂടെ അയക്കുകയാണ് പ്രഹ്ലാദനോട് പറയുന്നു ആ കുറച്ച് ദിവസം അയക്കും മൈസൂക്കായില്ലേ കൊച്ചുമോ കൂടെ സുതലത്തിൽ പോയി സുഖമായിട്ട് താമസിക്കും ഞാനുണ്ടവിടെ ഞാൻ അവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം എന്ന് പറഞ്ഞാൽ ആത്മസാക്ഷാത്കാരം നേടിയ ഒരാൾക്ക് തൻ്റെ ചുറ്റും ജഗതീശ്വരൻ ആ ആ പൂർണ്ണ സത്യം നിറഞ്ഞു നിന്ന് എന്ത് കാര്യവും നോക്കിത്തരുന്നതായി അനുഭവപ്പെടും ചെയ്തു ഇതൊക്കെ വെറും കഥയൊന്നുമല്ലെന്നർത്ഥം ഇതൊരു ജീവൻമൊത്തന്റെ അഥവാ സ്ഥിതപ്രജ്ഞന്റെ ജീവിതത്തിന്റെ വ്യക്തമായ ചിത്രീകരണമോ രക്ഷിഷ്യേ സർവത്തോഹം ത്വം സാനുഗം സപരിച്ഛദം നിന്റെ കൂടെ ആരൊക്കെ അവരെ ഞാൻ നോക്കും മാത്രമല്ല എന്തെല്ലാം സുഖസാമഗ്രികൾ നിനക്കവിടെ ആവശ്യമാണോ ഒക്കെ ഞാൻ തരും ഭൗതികസുഖത്തിനും ഒരു കുറവും വരുത്തില്ലെന്നർത്ഥം വേണമെങ്കിൽ ഒരു ബ്രഹ്മനിഷ്ഠന് ഭൗതികസുഖത്തോടൊന്നും വലിയ താല്പര്യം കാണില്ല എന്ന് പറഞ്ഞാൽ ജനകന്റെയും മറ്റും കഥ കേട്ടിട്ടില്ലെങ്കിൽ ജനകൻ ചക്രവർത്തി അദ്ദേഹത്തിന് ഭൗതികസുഖത്തിനൊന്നും ഒരു കുറവും വന്നില്ല അങ്ങനെയാണ് ശുഖനെ ശുഖനെപ്പോലും പരീക്ഷിച്ച കഥ ഓർമ്മണ്ടല്ലോ ശുഗൻ ബ്രഹ്മനിഷ്ഠനായി ഈ ഭൗതിക സുഖ സാമഗ്രികളൊന്നും വേണമായിട്ടല്ല ഇപ്പോൾ ഉണ്ടെങ്കിൽ ചക്രവർത്തിയാണ് ജനകൻ ചക്രവർത്തിയായിരിക്കും അദ്ദേഹം പൂർണ്ണ ബ്രഹ്മനിഷ്ഠനായി എന്താ കൊട്ടാരമൊക്കെ വലിച്ചു ദൂരക്കുള്ള നല്ല ആളും ഉണ്ട് ശുഗൻ അച്ഛനോട് ചോദിച്ചു അച്ഛ ഞാൻ ബ്രഹ്മനിഷ്ഠനായിരിക്കുന്നു അങ്ങ് എന്റെ ബ്രഹ്മനിഷ്ഠ ഉറപ്പുള്ളതാണെന്ന് ഒരു സർട്ടിഫിക്കറ്റ് തരണം അപ്പം വ്യാസൻ പറഞ്ഞു നീ എന്താ എന്താ മനസ്സിലാക്കി നീ ഒന്നുമല്ല യഥായം സ്വവികല്പോ സ്വവികല്പരീക്ഷീയത്തെ ദത്ത സംസാരോ നിസ്സാരീറ്റ് നിശ്ചയ എന്റെ വെറും സങ്കല്പം കൊണ്ട് ഉണ്ടെന്ന് തോന്നുന്നതാണ് ഈ പ്രപഞ്ചം എന്റെ സങ്കല്പത്തെ സർവം ബ്രഹ്മമയം എന്ന സത്യബോധം കൊണ്ട് ഉപശമിപ്പിക്കാമെങ്കിലും പ്രപഞ്ചം തീരും ഞാനതിന്ന് അനുഭവിക്കുന്നു ഇന്ന് എനിക്ക് പ്രപഞ്ചമില്ല പിന്നെയോ എനിക്ക് ബ്രഹ്മം മാത്രമേ ഉള്ളൂ അല്ലാതെ പ്രപഞ്ചമില്ല ഞാൻ പരമമായ സുഖം അനുഭവിക്കുന്നു ഇത്രയും തന്നെയാണോ പിതാവേ അപ്പോൾ പറഞ്ഞ ഇടേ ഇത്രയേ ഉള്ളൂ ഇതിൽ കൂടുതലൊന്നും നിനക്ക് അനുഭവിക്കാനൊന്നുമില്ല പക്ഷേ അച്ഛനായി ഞാൻ പറഞ്ഞാൽ നിനക്കൊരുപക്ഷേ അത്ര വിശ്വാസം വരില്ല നിനക്ക് സംശയമുണ്ടെങ്കിൽ ആ മിഥിലാരാജ്യത്തിൽ രാജാവോടെ ജനകൻ അദ്ദേഹത്തോട് പോയി ചോദിക്കും കണ്ടോ സംശയമുണ്ടെങ്കിൽ ഇവിടെ പോയി ചോദിക്കേണ്ടത് ജനകരോടും ചക്രവർത്തി ജനകരുണ്ട് നേരെ അവിടെ ചെന്നു ശുഗൻ അവിടെ ചെന്നപ്പോൾ ആ കഥയൊക്കെ കേട്ടിട്ടുണ്ടല്ലോ ഭൃത്തിരി എന്ന് പറഞ്ഞു ജനകനും ഉണ്ട് അത് വ്യാസപുത്രം വന്നിരിക്കുന്നു ശുഗൻ ജനകൻ പറഞ്ഞു അദ്ദേഹത്തെ ആ ഗേറ്റ് ഒരു ഇരിപ്പടം ഇട്ട് അവിടെ ഇരിക്കാൻ പറ ഗേറ്റിന് പുറത്ത് ശരി ഭൃത്യന്മാരത് ചെയ്തു ശുഗൻ അവിടെ ഇരുന്നു ഒരാളെ ഏഴ് ദിവസം യാതൊരു ഭാവഭേദുമില്ല എങ്ങനെ വന്നോ അങ്ങനെ അത്യന്തം പ്രസന്നനായി എന്തായാലും നമുക്ക് ബ്രഹ്മഗോഭമുണ്ടോ എന്ന് പരീക്ഷിക്കണമെങ്കിൽ ഇതൊക്കെയാണ് ചില മാർഗങ്ങൾ ഒരു വീട്ടിൽ കറി ചെന്നു എനിക്കൊന്നിട്ടുണ്ടോ ഒരാളൊന്ന് എന്തോ ഒരു അത്യാവശ്യമായിട്ട് ഇതാ വരുന്നു ഒരൽപ്പം വൈദ്യം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊന്ന് വെയിറ്റ് തരുന്നു അദ്ദേഹം ഇപ്പോൾ വരും ഞാൻ ഇവിടെ കാത്തിരിക്കുന്നു എനിക്ക് നോക്കില്ല ഞാനിതാ പോകും എന്ന് പറഞ്ഞാൽ നീ പോയി വരണമേ ഇതങ്ങനെ കാത്തിരിക്കാനും നോക്കില്ല നേരിയമ്മളിച്ച് അവിടെ ഇരുന്നു ഒടുവിൽ ജനകൻ പറഞ്ഞു ഭൃത്യൻ ഭൃത്യരോട് അദ്ദേഹത്തെ വിളിച്ച മുറ്റത്തിരുത്തു വലുത് ഗേറ്റിന് പുറത്തിരുത്തുന്നത് എന്തായാലും ശരിയല്ല ശുഖനോട് ആറേഴ് ദിവസം മുറ്റത്ത് വിളിച്ചിരുത്തി അവിടെ ഒരു പഴു കൊടുത്തു ആറേഴു ദിവസം അവിടെ നിന്നും യാതൊരു ഭാഭേദുമില്ല അതേ പ്രസന്ന മുഖം പൊഞ്ചിരി അസഹിഷ്ണു തന്നില്ല അപ്പൊ ജനകൻ തന്നെ പുറത്തിറങ്ങി വന്നു എന്നിട്ട് ശുഖനുകൊണ്ട് പറഞ്ഞു അച്ഛോ അങ് വ്യാസപുത്രനായ ശുഖനും അങ് ഇവിടെ കുറകയല്ലേ ഈ കൊട്ടാരവുമല്ല അങ്ങെന്തിനാണ് ഈ പുറത്തെരുത്തിയത് ഈ ജനകൻ ഒരുമാതിരി വിദ്യകളല്ലേ സാറേ കാണിക്കുന്നത് അതെ അവർ ചിലപ്പോൾ വിദ്യകളൊക്കെ കാണിക്കുകയാണ് നല്ല കുഴപ്പം ഒരു കുഴപ്പവും ഇല്ല അങ്ങയുടെ കൊട്ടാരമല്ലേ ഒരു അകത്തിരിക്കാം ശിവനെ വിളിച്ചകത്തു കൊണ്ടുപോയി സകല രാജവിഭവങ്ങളും ചുറ്റും പട്ടുനത്ത എല്ലാം കൊടുത്തു ശിവൻ അതൊന്നും നിരസിച്ചില്ല പട്ടുമൊത്തയാണങ്ങിടക്കാം അത്യാവങ്ങെന്ത് അനുഭവിക്കണമോ അനുഭവിച്ചുള്ളൂ അതേ ആവശ്യമുള്ളതൊക്കെ അനുഭവിച്ചു സുഖം ജനകൻ അല്ല സുഖം ആവശ്യമില്ലാത്തതൊന്നും അദ്ദേഹം അനുഭവിച്ചില്ല ഒരു നാലഞ്ച് ദിവസം അവിടെ കഴിഞ്ഞു കൊടുക്കും ജനകൻ വന്ന് ചോദിച്ചു എന്താ അങ്ങ് വന്നത് ഇതാണ് ഞാൻ അച്ഛനോട് പറഞ്ഞു ഈ പ്രപഞ്ചം യഥായം സ്വവികല്പോത്ഥ സ്വവികല്പ പരിക്ഷയാത്തെ സ്വന്തം സൃഷ്ടിയാണ് ഈ പ്രപഞ്ചം സ്വന്തം മനസ്സിന്റെ സങ്കൽപ്പ സൃഷ്ടി ആ സങ്കല്പങ്ങൾ സർവം ബ്രഹ്മമയം എന്ന സത്യമുറപ്പിച്ചുപശമിപ്പിക്കുമെങ്കിൽ ഞാൻ അതെടുത്തു പറയുന്നത് മനസ്സിനെ ഉപശമിപ്പിക്കാൻ ബല ഉള്ള ഉപായങ്ങൾ കൊണ്ടൊന്നും എളുപ്പമല്ല പല ബുദ്ധിമുട്ടുകളുണ്ടാക്കും അതൊക്കെ വേണമെങ്കിൽ ശീലിച്ചൊള്ളുക പക്ഷേ ഈ സത്യം കൂടെ പഠിപ്പിച്ചുള്ള സർവമായാൽ അങ്ങനെ അത് ഉറപ്പിച്ച് മനസ്സിനെ ഉപശമിപ്പിച്ചാൽ മഹാരാജാവെ ഈ പ്രപഞ്ചമില്ല ഞാനിത് അച്ഛനോട് പറഞ്ഞു അപ്പോൾ അച്ഛൻ പറഞ്ഞു നീ പോയി ജനകൻകോട് കൂടെ ചോദിച്ചോ അങ്ങനെ ഞാൻ വന്നതാണ് ജനകൻ പറഞ്ഞു അങ്ങേക്കിനി ഒന്നും പഠിക്കാനില്ല അങ്ങ് പോയിക്കൊള്ളു അനുഭവത്തിലും സിദ്ധാന്തത്തിലുമൊക്കെ അങ്ങ് ബ്രഹ്മത്തെ നല്ലവണ്ണം അനുഭവിക്കുന്നു അതാണ് ബ്രഹ്മാനുഭവം ഈ ബ്രഹ്മാനുഭവമാണ് ഇവിടെ പറയുന്ന ഭഗവാൻ പറയുന്നില്ല ഞാൻ നിന്നെ രക്ഷിച്ചോളാം എന്ന് കേട്ടാൽ നമുക്ക് തോന്നും ഭഗവാൻ ഒരു രൂപത്തിൽ അവിടെയൊക്കെ നിൽക്കും ഭാഗവത്തിൽ പറയുന്നുണ്ട് ഞാൻ ഗതാപാണിയായിട്ട് അവിടെ നിൽക്കുന്നത് അല്ലെങ്കിൽ പ്രഹ്ലാദ പ്രഹ്ലാദനോടും പറയുന്നു നീ കൊച്ചുപോന്റെ കൂടെ പോയി താമസിച്ചോ ഗതാപാണിയായിട്ട് നിന്നെ രക്ഷിക്കാൻ ഞാൻ അവിടെ നിൽക്കുന്നത് നിനക്ക് കാണാൻ കഴിയും അതുപോലെ ഭാഗവത്തിലുള്ള ഗതാപാണിയായിട്ടൊക്കെ എന്ന് വെച്ചാൽ അത്ര വ്യക്തമായ ബ്രഹ്മത്തിന്റെ സർവത്ര ഒരു ജീവൻ മുക്തന് കണ്ടനുഭവിക്കാൻ കഴിയുമെന്നർത്ഥം അതുകൊണ്ട് മഹാബലെ അങ് പൊയ്ക്കൊള്ളു രക്ഷിഷ്യേ ഇതിലപ്പുറം ഒരു യോഗക്ഷേമം എന്തു നോക്കണം അതാണ് ഭഗവാൻഗീതയിൽ പറയുന്ന യോഗക്ഷേമം വഹാമ്യഹം രക്ഷിഷ്യേ സർവത്തോഹം ത്വ സാനുഗ്രംസപരിച്ഛദം സദാ സന്നിഹിതം വീര തത്രമാ ദ്രക്ഷ്യത്തെ ഭവാൻ ഞാന പ്പോഴും നിന്റെ അടുത്ത് നിൽക്കുന്നതായിട്ട് അല്ലയോ മഹാബലേ നിനക്ക് ബോധ്യപ്പെടും അത്രയും പോരെ ഞാനിപ്പോഴിവിടെ രക്ഷിക്കും എന്നൊക്കെ പറഞ്ഞാൽ നിനക്കത് ബോധ്യപ്പെട്ടില്ലെങ്കിൽ എന്താ പ്രയോജനം ഞാൻ എപ്പോഴും നിന്റെ അടുത്ത് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ നിന്നെ ഇവിടെ നിന്ന് സുഖലത്തിലയച്ചിട്ട് നോക്കാൻ ആരുള്ളൂ അങ്ങനെയൊന്നും സംശയില്ല ഞാൻ എപ്പോഴും നിന്റെ അടുക്കൽ ഉണ്ടാകും എന്ന് പറഞ്ഞ് മഹാബലിയെ നേരെ സുതലത്തിലേക്ക് അയച്ചു പ്രഹ്ലാദനും കൂടെ പോയി എന്തൊക്കെ വേണമോ കൊണ്ടുപോയി ദേവന്മാർക്ക് പോലും അത്യധികം കിട്ടാൻ ആഗ്രഹമുള്ള സുഖമാണ് ഈ സുതലത്തിലെ സുഖം അതാണ് ദേവന്മാർക്ക് കിട്ടത്തില്ല ഒരു ബ്രഹ്മനിഷ്ഠന്റെ സുഖം ദേവന്മാർക്കൊന്നും ഒരിക്കലും കിട്ടില്ല തുടർന്ന് മഹാബലി പോയി അവിടെ നിന്നും പോയി പ്രഹ്ലാദനം അവരൊക്കെ പോയി അപ്പോൾ വാങ്ങനം നോക്കിയപ്പോൾ ശുക്രൻ അടുത്തിരിക്കുകയാണ് കൃത്യക്കുകളും യജ്ഞശാലയാണത് യജ്ഞശാല സ്ഥിരമായ യജ്ഞശാല ഒടുവിൽ അശ്വമേധം അശ്വമേധയജ്ഞം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ അവിടെ സംഭവിച്ചത് ഭഗവാൻ ശുക്രനെ വിളിച്ച അലലോ ഋഷേ ബ്രഹ്മൻ സന്തനു ശിഷ്യസർമ്മഛദ്രം വിതന്യത യർമ്മൈഷമ്യം ബ്രഹ്മദൃഷ്ടം സമംഭവേ അല്ലയോ ശുക്രബർഷെ ഒരു കാര്യം ചെയ്തു മഹാബലിയുടെ യജ്ഞം പൂർത്തിയാക്കൂ പൂർത്തിയായില്ലോ അതിനിടയ്ക്കല്ലേ ഞാൻ മൂന്നടിമണ്ണി ഹാരിച്ചുവന്നതും ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായതും ശിഷ്യൻ പോയെങ്കിലും അങ്ങോട്ടല്ലോ കർമ്മമൊക്കെ പൂർത്തിയാക്കി ബ്രഹ്മൻ സന്തനു ശിഷ്യസ്യകർമ്മ ഛിദ്രൻ വിതന്വത്താഹ് അങ്ങെ തോന്നിയേക്കും ഞാൻ പറഞ്ഞത് കേൾക്കാത്ത എന്റെ ശിഷ്യന്റെ കർമ്മം ഞാൻ പൂർത്തിയാക്കണമോ അങ്ങനെയൊന്നും സംശയിക്കണ്ട കർമ്മത്തിൽ അങ്ങനെ ഒന്നും സംശയിക്കണ്ട പിന്നെയോ ൈഷമ്യം കർമ്മ വൈഷമ്യമുള്ളതാണോ കർമ്മമാണോ വൈഷമ്യം വരും അവിടെയൊക്കെ ബ്രഹ്മദൃഷ്ടം ബ്രഹ്മത്തെ കണ്ടോളൂ സമംഭവേ ആ വൈഷമ്യമെല്ലാം തരും ശിഷ്യൻ ഏതാ ശിഷ്യനൊന്നുമില്ല ബ്രഹ്മം മഹാബലി ആരാബ്രഹ്മ ശിഷ്യൻ ഞാൻ പറഞ്ഞത് കേട്ടില്ല അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ടതോ കേട്ടില്ല ബ്രഹ്മം ജജിത് കർമ്മസു വൈഷമ്യം ഇതൊക്കെയാണ് വൈഷമ്യം ഒരാൾ പറയുന്നത് കേട്ടില്ല അച്ഛന് വൈഷമ്യം എന്താ മോൻ പറയുന്ന കേൾക്കുന്നില്ല മോനെന്താ വൈഷമ്യൻ അച്ഛൻ എൻ്റെ ഇഷ്ടമൊന്നും അനുസരിക്കുന്നില്ല ഇത്തരം വൈഷമ്യങ്ങളല്ലേ ഏത് കുടുംബത്തിലും ഇപ്പൊ ഭ്രീഷ്മരും വ്യാസനൊക്കെ ദുര്യോധനനോട് മിക്കവാറും എല്ലാ ദിവസവും പറയുക എല്ലാ ദിവസവും എട പകുതി രാജ്യം പാണ്ഡവന്മാർക്ക് കൊടുക്കുക ഇല്ലെങ്കിൽ നിങ്ങളുടെ വംശം പോവും അയാൾ കേൾക്കില്ല എന്ത് ചെയ്യാൻ എന്നാൽ വഴക്കു കൂടി കളയാൻ ഒന്ന് ആലോചിച്ച് നോക്കുക ഭഗീഷ്മർ പറഞ്ഞ കേട്ടില്ല എന്നാൽ ഇപ്പം ദുര്യോധനോട് യുദ്ധം ഒന്നും പോയില്ല കാരണം യുദ്ധം ചെയ്യുന്നതുകൊണ്ടൊന്നും വിശേഷമില്ല വംശം നശിക്കാനുള്ളതാണെങ്കിൽ നശിക്കും ഒരു ഭീഷ്മർ വിചാരിച്ചാലും അതിനെ തടയാൻ സാധ്യമല്ല പറഞ്ഞു നോക്കാം ശരശേനത്തിൽ കിടക്കുമ്പോഴും ദുര്യോധനോട് പറയുന്നു ദുര്യോധന പകുതി രാജ്യം ദുര്യോധനം കേട്ടില്ല എന്ത് സംഭവിച്ചു നശിച്ചു ദുര്യോധനം കൗരവന്മാർ മുഴുവൻ നശിച്ചു പാണ്ഡവന്മാർ മുഴുവൻ നശിച്ചു മഹാഭാരത യുദ്ധത്തിൽ ആര് ജയിച്ചു എന്ന് ചോദിച്ചാൽ ഇരുകൂട്ടരും ഭംഗിയായി തോറ്റു എന്ന് വേണം പറയാൻ അല്ലാതെ ആരും ജയിച്ചു ഒന്നുമില്ല അത് ഈ ജീവിതം ഇങ്ങനെയാണ് ഈ ജീവിതം ഇപ്പം ഇവിടെയൊക്കെ യുദ്ധത്തിൽ പലതരം യുദ്ധം ലോകത്തെമ്പാടും നടക്കുന്നു എന്നും ആര് ജയിക്കുന്നു എല്ലാവരും തോൽക്കുന്നു സൂക്ഷിച്ചു നോക്കിക്കൊടുക്കാം പലതരം യുദ്ധങ്ങൾ അമേരിക്കയിലുമുണ്ട് ബ്രിട്ടനിലുമുണ്ട് ഇന്ത്യയിലും ഉണ്ട് എവിടെയുമുണ്ട് എവിടെയല്ലത്ത് ആര് ജയിക്കുന്നു എല്ലാവരും തോൽക്കുന്നു ശ്രദ്ധിച്ച് പഠിച്ചോളൂ ആരാ ജയിക്കുക യുദ്ധത്തിന്റെ ഒക്കെ ഏർപ്പാടാ ആരും ജയിച്ചു എന്നൊന്നും കാര്യമായിട്ട് പറയാനേ സാധ്യമല്ല ഈ ലോകത്ത് ജയിക്കുന്നത് ഒരേ ഒരു വ്യക്തി മാത്രം ആർക്കാണോ ബ്രഹ്മസത്യം പൂർണ്ണമായി ഉറപ്പുവരുന്നത് മറ്റാരും ഇവിടെ ജയിക്കുന്നില്ല മറ്റെല്ലാവരും ഇവിടെ പൂർണ്ണപരാജയം പൂർണ്ണപരാജയം അവസാനമാകുമ്പോൾ അതാണ് വ്യാസം ഈ ബ്രഹ്മത്ത് ദുരന്തവീര്യൻ എന്നാണ് പലയിടത്തും വിശേഷിപ്പിക്കുന്നത് എന്താ അദ്ദേഹത്തിന്റെ വീര്യം ഈ പ്രപഞ്ചത്തെയൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ കോലാഹലപരമായി അനേകായിരം സൂര്യചന്ദ്രന്മാരെപ്പോലും ചുറ്റിത്തിരിപ്പിച്ച വീര്യമല്ലേ ഇത് ഇതൊക്കെ ആർക്ക് കഴിയും ഈ സൂര്യചന്ദ്രന്മാരെയൊക്കെ ഇങ്ങനെ ചുറ്റിത്തിരിപ്പിക്കാൻ പക്ഷേ എന്താ ഗതി ഈ സൂര്യചന്ദ്രന്മാരുടെ പോലും ഗതി എന്താ ഒക്കെ തണുത്തുറഞ്ഞില്ലാതാവും അതാണ് ഈ സൂര്യൻ ഈ ഗംഭീരമായി പ്രകാശിക്കുന്ന സൂര്യൻ ഒരു ദിവസം തണുത്തുറഞ്ഞ് ഇല്ലാതാവും ഇതിന് ആധുനിക ശാസ്ത്രത്തിന് പോലും പൂർണ്ണസമ്മതമാണ് ഞാൻ ചോദിക്കേണ്ട ഇത് സൂര്യൻ ഇല്ലാതായാൽ പിന്നെ നമ്മുടെ ഇന്റർനെറ്റും കമ്പ്യൂട്ടറും അതിപ്പോൾ ഉടനെ ഒന്നും ഉണ്ടാവില്ല സാർ നമ്മുടെ കാലത്തും ഉണ്ടാവില്ല കുറച്ചുകൂടെ കഷിയായിക്കോട്ടെ എന്നായാലും അത് അതുകൊണ്ട് കമ്പ്യൂട്ടർ വേണ്ടെന്നോ ഇന്റർനെറ്റ് വേണ്ടെന്നോ ചന്ദ്രങ്ങൾ പോകണ്ടെന്നോ ആണോ അർത്ഥം അങ്ങനെയൊന്നും അർത്ഥം പറയാൻ ഒരു വേദാന്തി അത്രമടേതല്ല ഇതൊക്കെ സംഭവിച്ചേ തീരു മായാമോഹത്തിൽ നടക്കുന്ന അതിഗംഭീരമായ പ്രപഞ്ച മാജിക് പ്രപഞ്ചമാകുന്ന ഇന്ദ്രചാരൻ സംഭവിച്ചേ തീരൂ അല്ല അതൊന്നും പോകണ്ടെന്നോ വേണമെന്നോ ഇവിടെ നിന്നും അങ്ങനെ ആർക്കും നഷ്ട ഒരാളെയും സ്ഥിരം പെടുത്താൻ സാധ്യമല്ല ഞാൻ ഇന്നലെയൊക്കെ പറഞ്ഞതുപോലെ ലോകത്തെ നന്നാക്കാനും വലിയ വലിയ നിയമങ്ങളും നിഷ്ഠകളും ആണ് നമ്മുടെ പൂർവികന്മാർ മഹാത്മാക്കളൊക്കെ നിർദ്ദേശിച്ചത് ഇന്നിപ്പോ പല പൂർവീകന്മാരുടെയും നിഷ്ഠകളെ കുറിച്ച് പറയുന്നുണ്ട് ഇപ്പൊ ഗാന്ധിജിയുടെ ചർച്ച നടക്കുന്ന കാലമാണോ ഗാന്ധിജി പറഞ്ഞതെല്ലാം മറ്റന്നത്തെക്കാളും ഇന്നത്തെ ലോകത്തിന്ന് അത്യാവശ്യമാണ് പക്ഷെ എന്തു ചെയ്യാം ഒറ്റ മനുഷ്യരും കേൾക്കുന്നില്ല ഇതിനോട് ചരിത്ര പറയുക ഒന്ന് രണ്ട് പേര് ഗാന്ധിജിയെ അത് കുറിച്ചൊക്കെ പഠിച്ചവരുണ്ട് പക്ഷെ അവർ തീർത്തും പറയുന്നു ഒന്നും നടക്കുന്നില്ല ഗാന്ധിജിയെ ആരും അനുസരിക്കുന്നില്ല ആരെ അനുസരിക്കുന്നുണ്ട് ആരെ അയൽവക്കത്ത് സഹോദരനെ പോലെ സ്നേഹിക്കണം എന്ന് ക്രിസ്തുദേവൻ പറഞ്ഞു മറ്റുള്ളവരുടെ കാര്യങ്ങളുണ്ട് ക്രിസ്തുദേവനെ അനു തന്നെ പൂർണമായി ജീവിതമുറപ്പിച്ച ആളുകൾ എന്താ ചെയ്യുന്നതിപ്പോ തമ്മിൽ കൂത്തും കൊലയുമാണ് ഞാൻ പലയിടത്തും ഹിന്ദുക്കളിലും അത് തന്നെ ഹിന്ദുക്കളിൽ വലിയ വല്യ സദാചാരനിഷ്ഠ ഞാൻ അങ്ങോട്ടേക്കും ഒന്നും കിടക്കുന്നില്ല സദാചാരനിഷ്ഠം വേണ്ടെന്നല്ല അഹിംസ ഒരു മനുഷ്യർക്ക് നടത്താൻ പോകുന്നില്ല ഒരു കാലത്തും ഒന്നോ രണ്ടോ കൃഷ്ണൻ എന്താ പറയുന്നത് അത് മനസ്സിലാക്കുക കൃഷ്ണൻ എന്താ പറയുന്നത് ആരും വിചാരിച്ചാലും ഇവിടെ ആരെയും കൊല്ലാൻ ഹിംസിക്കാൻ സാധ്യമല്ല എന്നാരറിയുന്നു അവരാണ് ആ അഹിംസ നടപ്പാക്കുന്നത് അല്ലല്ലോ അർജുന യയൻ അല്ല കൃഷ്ണ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ യയനം വേത്തിഹന്താരം യശ്ചൈനം മന്യതയഹതം വിജാനീത്തോ നയം ഹി നപ്പുറം സ്പഷ്ടമായിട്ട് പറയണോ അർജുന യനം വേറ്റ് ഹംതാരം ആരാണോ ഈ ഭഗവാന് കൊല്ലുന്നവനായി കണക്കാക്കുന്നത് എസ്തൈനം വിദ്യ വിദ്യത്തെ ആരാണോ ഈ ഭഗവാന് കൊല്ലപ്പെട്ടതായി കണക്കാക്കുന്നത് ഉഭോക്തോ നവിജാനേതോ കഷ്ട അവരാ ഭഗവാനെ അറിയുന്നില്ല നയംഹന്തി ദഹന്യത്തേ ഭഗവാൻ ആരെയും കൊല്ലുന്നില്ല ആരാലും കൊല്ലപ്പെടുന്നുമില്ല അല്ല സാർ ഭഗവാന്റെ ആരും അല്ല ഇപ്പൊ നമ്മുടെയൊക്കെ കാര്യം നമ്മളിൽ ആരാ ഒന്ന് അറി അറിഞ്ഞു അഹിംസ നിശ്ചയമായും കഴിയുന്നിടത്തോളം പറ്റുമെങ്കിൽ നടപ്പാക്കണം നടപ്പാക്കേണ്ടെന്ന് ഒരിക്കലും ഏതാണ്ട് പറയുന്നില്ല അതുപോലെ എന്തും വ്യാസം പറയുന്നതും ദിവസേന നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ ഓരോ തുള്ളി വെള്ളത്തിലും നിരലജീവികളാണ് ശ്വസിക്കുന്ന വായുകൾ കൂടി നിരലജീവികളെന്നാണ് ദിവസേന ഹരിക്കുന്നു പിന്നെ നമ്മുടെ ഭക്ഷണത്തിലോ അല്ല സാർ വെജിറ്റേറിയൻസ് ആണെങ്കിലോ സർ അല്ല വെജിറ്റേറിയൻ സസ്യങ്ങൾക്കൊക്കെ ജീവനുണ്ടെന്ന് ഉപനിഷത്ത് ചന്ത ഒക്കെ ഉപനിഷത്ത് പണ്ട് പള്ളെ പ്രഖ്യാപിച്ചതാണ് ഈ അടുത്ത കാലത്ത് ആധുനിക ശാസ്ത്രവും തീർത്തു പറഞ്ഞു സസ്യങ്ങളൊക്കെ ജീവനും ഉള്ളതാണ് അപ്പോ വെജിറ്റേറിയൻസ് എന്ന് പറഞ്ഞാൽ അഹിംസിക്കാതെ ജീവിക്കാൻ പറയുന്നു എന്നല്ല വ്യതിഹാസം പറയുന്നുണ്ട് ജീവോ ജീവൻ ജീവന ഭക്ഷിച്ചു ജീവിക്കുന്നു ഇതാണ് നിയമം അല്ലെന്ന് ആരെങ്കിലും തെളിയിക്കട്ടെ അഹസ്താന് സഹസ്ഥാനം അവധാന ചതുഷ്പഥം ഇതൊന്നും എന്റെ കാര്യങ്ങളല്ല അതിനാണ് ഞാൻ ആസനക്ക് പറയുന്നത് അപധാന ചതുഷ്പദം ഭി തത്വമഹതാം ജീവോ ജീവസ്യ ജീവനം ജീവനില്ലാത്ത എന്തു വസ്തുണ്ട് ഇവിടെ എന്തു വസ്തുണ്ട് കൃഷ്ണൻ തീർത്തു പറയുന്നു യാവത് സഞ്ജായത്തെ കിഞ്ചിത് സത്വം സ്ഥാപനം കം ക്ഷേത്ര ക്ഷേത്രജ്ഞ സംയോഗ തദ്വിധി ഭരദർഷഭ ഇവിടെ ഒരു മന്തിരി ഉണ്ടെങ്കിൽ ആ മന്തിരിയിൽ ജഡവും ജീവനുമുണ്ട് എന്തുള്ളതായി കണ്ടാലും അർജുന ക്ഷേത്രവും ക്ഷേത്രജ്ഞനും ചേർന്നേ ഉണ്ടാവാൻ പറ്റൂ പക്ഷെ മന്ദരിയൽ ജീവൻ കാണുന്നില്ലല്ലോ പ്രകടമാവുന്നില്ല അത്രയല്ലേ ഉള്ളൂ മന്ദരിയൽ ചിത്തസാന്നിധ്യം പ്രകടമല്ലാത്തതുകൊണ്ട് ജീവൻ പ്രകടമാവുന്നില്ല എവിടെയാണ് ജീവൻ ഇല്ലാത്തത് ഞാനീ പറഞ്ഞതുള്ള അഹിംസയിൽ നിന്നും വേണ്ടെന്നൊന്നും ധരിച്ചു കളയരുത് എന്തൊക്കെ നല്ല കാര്യങ്ങൾ ശീലിക്കാമോ ഒക്കെ ശീലിച്ചോളുക പക്ഷേ ഈ സത്യം ഗംഭീരമായ സത്യം ഇത് വെറും ഭ്രമം വെറും ഇന്ദ്രജാലം ഈ പ്രപഞ്ചം പാലത്ത് കാണുന്നത് വെറും ഇന്ദ്രജാലം ഇവിടെ ഒരു വസ്തുവേ ഉള്ളു ഭഗവാൻ പറയുന്നു യശ് ഭാവോ ഇത് കൃഷ്ണൻ ഗീതയിൽ പറയാ എസ്സി നഹങ്കൃതോഭാവോ ബുദ്ധറി എസ് നലിപ്യത്തെ ഹിസൈമാൻ ലോക്ക അഹിംസ കൃഷ്ണന്റെ അഹിംസയില്ല ഹത്വാഭിസൈമാൻ ലോകം മഹന്തി എന്ന നിപദ്ധ്യത്തെ ആർക്കാണോ അഹങ്കാരമില്ലാത്തത് ഞാൻ എന്ന അഹങ്കാരമില്ല ആർക്ക് അഹങ്കാരമില്ലാത്തത് സർവം ബ്രഹ്മമായ ഉറപ്പുവരുന്തോറും അഹങ്കാരം പോവും എല്ലാം ബ്രഹ്മമാണെങ്കിൽ പിന്നെ ഇവിടെ എന്തഹങ്കാരൻ ആർക്കാണ് അഹങ്കാരനില്ലാത്തത് ബുദ്ധൃശെന്ന ലിപ്യത്തെ ആരുടെ ബുദ്ധിയാണോ കർമ്മം ചെയ്തിട്ട് ഞാൻ ചെയ്തു ഞാൻ അനുഭവിക്കുന്നു എന്നിങ്ങനെ കർത്തൃത്വവും ഭോക്തൃത്വവും ചിന്തിച്ചു വലയാത്തത് അവൻ ഹാഭിസൈമാൻ ലോക്ക അർജുനൻ അങ്ങനെയുള്ളവർ ഈ ലോകത്ത് മുഴുവൻ കൊല്ലുന്നു എന്ന് വിചാരിച്ചോളൂ ലോഹത്വാഭിസൈമാൻ ലോക്കാൻ മഹന്തി ആൾ കൊല്ലുന്നില്ല അച്ഛ കൊല്ലാൻ ഇവിടെ ആരും ആരുമില്ല മരിക്കാൻ ഇവിടെ ആരുമില്ല ജഡത്തിന് മരിക്കേണ്ട കാര്യമില്ല ബോധത്തിനൊരിക്കലും മരിക്കാൻ ഒക്കുകയുമില്ല ഇത് മാത്രം ഓർമ്മിക്കുക ജഡത്തിന് മരിക്കേണ്ട കാര്യമുണ്ടോ നൈനം ചിന്തം നിശസ്ത്രാണി നൈനം ദഹത്തെ പോണവെക്കഹ നൈനം ക്ലേദയന്തിയാകോ നശോഷയത്തെ മാരുത്ത ഇതെല്ലാം പറഞ്ഞു വെച്ചപ്പം ബോധത്തെ ആരും ആർക്കും കൊല്ലാനും പറ്റില്ല ഈ യുക്തി ഒന്ന് ചിന്തിക്കുക ജഡം ബോധം ഭ്രമം ഒരു രൂപമാണ് ബോധത്തിൽ ഉണ്ടെന്ന് തോന്നുന്ന രൂപം എന്തും ജഡം ജന കൊല്ലേണ്ട കാര്യമില്ലല്ലോ ബോധത്തെ കൊല്ലാൻ പറ്റുകയുമില്ലല്ലോ പിന്നെ ആർക്കാരെ കൊല്ലാൻ കഴിയും പിന്നെ എവിടെ ഹിംസ എവിടെ ഞാൻ ഈ പറയുന്നു എന്ന് വെച്ച് ബുദ്ധന്റെയും ഒക്കെ അഹിംസാതത്വത്തെ പാടെ നിഷേധിക്കുകയാണെന്നൊരിക്കലും കരുതരുത് എന്റെ അഭിപ്രായവുമല്ല ഇതൊക്കെ വ്യാസനം മറ്റും ഗംഭീരമായി പറഞ്ഞു വച്ചിട്ടുള്ള കാര്യമാണ് ഈ പറയുന്നതിനൊക്കെ എന്തർത്ഥം എല്ലാ ആചാരങ്ങളും പറ്റുമെങ്കിൽ അനുഷ്ഠിച്ചോളുക പക്ഷെ സത്യം കൂട്ടിച്ചേർത്തോളുക അല്ലെങ്കിൽ ഒരാചാരവും രക്ഷിക്കയില്ല കരയും കരയേണ്ടി വരും ഏതീശ്വര ഭജനവും ബ്രഹ്മത്തെ മാറ്റി നിർത്തിയിട്ടായാൽ കരയിക്കും ഇടൊന്നു രണ്ട് പ്രായം ചെന്ന ആ ബ്രാഹ്മണൻ വീട്ടുവന്ന് കരയുന്നു എന്താ സാറി എനിക്കിപ്പോൾ ഗായത്രി ചൊല്ല കുട്ടിക്കാലം മുതലേ ഗായത്രി ഗായത്രി ജഗത്തെക്കാളും വലിയൊരു ജപമുണ്ടോ എനിക്ക് ഗായത്രി ചൊല്ലാൻ പറ്റുന്നില്ല അതെന്തായാലും കാലത്തെ എണ്ണീറ്റ് കുളിക്കാനൊക്കുന്നില്ല ശരീരമൊക്കെ ക്ഷീണിച്ചു അതെന്തില്ല കുളിക്കാതെ ഗായത്രി ചൊല്ലിക്കൂടെ സാർ കണ്ടോ അങ്ങനെ നമ്മൾ ജപം കുളിക്കാതെ ഗായത്രി ചൊല്ലിയാൽ അത് മഹാപാപം ഗായത്രി ചൊല്ലിയില്ലെങ്കിൽ അത് പാപം കുളിക്കാൻ പറ്റുന്നുമില്ല ആ ഗായത്രി ചൊല്ലാനും ഒക്കുന്നില്ല ഇനി ഇത്ര നാളും ഗായത്രി ചൊല്ലിയതിന്റെ ഫലം എന്താ കരയാ കരച്ചൊല്ല എന്നാ ധൈര്യം വേണ്ടേ കുളിക്കാതെ ഞാൻ ഗായത്രി ചൊല്ലി ചൊല്ലി നോക്കുകയാണ് ഈ ഗായത്രി എന്നെന്ത് ചെയ്തു എന്നറിയാമല്ലോ ഒരു ആത്മാവ് ഈ ബ്രഹ്മത്തെ സിദ്ധാന്തപരമായിട്ടെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ കുളിക്കുന്നുമില്ല കിടപ്പിൽ കിടന്നുകൊണ്ട് ചൊല്ലുന്നു ഗായത്രി എന്താ കുഴപ്പമൊന്നും നോക്കട്ടെ അല്ല ഗായത്രി ചൊല്ലണ്ടെന്ന് ഒന്നുമല്ല ജനനിരവധി എന്തുവത് നമ്മളെ തത്വമസി അതിഗംഭീരമായി മുൻപിൽ എഴുതി വച്ചിരിക്കുന്ന ശബരിമല ആ ശബരിമലയിൽ പോയി മുപ്പത് വർഷം പോയി ഒരാൾ അദ്ദേഹം ഗുരുസ്വാമിയായി ഒരുപാട് പേരെ കൊന്നുപോകുന്ന കാലിന് വാദം പിടിപെട്ടും പോകാൻ പറ്റുന്നില്ല മുപ്പത്തൊന്നാമത്തെ പ്രാവശ്യം പോകാൻ പറ്റുന്നില്ല വളരെ ദുഃഖിതനായി കഴിയണം എന്താ അങ്ങെന്താ നല്ല എനിക്കിപ്പോ കാല് വയ്യ എന്താ അയ്യപ്പൻ എന്നെ ചതിച്ചു കൊല്ലം ഞാൻ മറക്കയറിയിട്ട് എന്റെ കാലിനീ കുഴപ്പമുണ്ടാക്കിയതെന്തിനാ അങ്ങനെയാണ് നമ്മുടെ ഈശ്വരഭജനം പോകുന്നപ്പോൾ ബ്രഹ്മത്തെ മാറ്റി നിർത്തിയിട്ട് ഈശ്വരഭജനം നടത്തിയാൽ പോലും അത് കടുത്ത ദുഃഖത്തിൽ കലാശിക്കും ബ്രഹ്മത്തെക്കൂടെ കൂട്ടിച്ചേർക്കും സർവം ബ്രഹ്മമായ തത്വമസി ഗംഭീരമായിട്ട് ഞാൻ ശബരിമല പോയിട്ടില്ല എങ്കിലും ഈ ടി വിയിലൊക്കെ അങ്ങനെ ഗംഭീരമായിട്ട് എഴുതി വച്ചിരിക്കും തത്വമേ അത് നീ തന്നെ അയ്യപ്പനൊക്കെ നീ തന്നെയാണ് ഇത് പഠിപ്പിക്കാനല്ലേ എത്രത്തോന്ന് ശേഷിച്ച് വച്ചത് പക്ഷെ അതാരും ഉൾക്കൊള്ളുന്നില്ല ഉൾക്കൊള്ളാത്തതുള്ളു ദുഃഖം മാറുന്നില്ല ഞാനീ പറയുന്നതിനൊക്കെ അർത്ഥം ഇത്രയുള്ളൂ ഈശ്വരനെ ഏത് രൂപത്തിലും ഭജിക്കാം ഈശ്വരൻ അല്ലാതെ ഇവിടെ മറ്റൊന്നുമില്ല അവപ്പിന്നെ ഏത് രൂപത്തിലായി ഈശ്വരനെ ഭജിച്ചുകൂടാത്തത് ഏത് നാമം ചൊല്ലിയാണ് ഈശ്വരനെ ഭജിച്ചുകൂടാത്തത് പക്ഷേ ്രഹ്മതത്വം മനസ്സിലാക്കാതെ ചെയ്താൽ എല്ലാം പരമദുഖത്തിൽ കലാശിക്കുകയുള്ളൂ ഇതെന്റെ പ്രഖ്യാപനമല്ല ഉപനിഷത്ത് ഉച്ച സ്ഥലം പ്രഖ്യാപിക്കുന്ന കാര്യമാണ് അതുകൊണ്ടാണ് ഇവിടെ ഭഗവാൻ ആരോട് പറഞ്ഞു ശുക്കരണോട് പറയുന്നു എടോ ശിഷ്യനെ കുറിച്ചൊന്നും ചിന്തിക്കണ്ട ഇയാള് കർമ്മം ചെയ്യും കർമ്മം ചെയ്യുന്നത് അവിടെ ബുദ്ധിമുട്ട് വരുമ്പോ യജ്ഞ കർമ്മസു വൈഷമ്യം ബ്രഹ്മദൃഷ്ടം ബ്രഹ്മത്തെ കണ്ടോളൂ സമം അപ്പൊ പിന്നെ വിഷമമുണ്ടോ ബ്രഹ്മഭാവം വിടുന്നിടത്താണ് വിഷമം എല്ലാം ബ്രഹ്മമെന്ന് ഉറപ്പുവരുന്നിടത്ത് സമം അർജുനനും ബുദ്ധിമുട്ട് വന്നത് വിഷമത്തിലാണ് അല്ലേ കുതസ്ത്വ കശ്മലിതം വിഷമേയ സമുപസ്ഥിത്വം അർജുന നിന്റെ മനസ്സിൽ വിഷമാവസ്ഥയിൽ വന്നു ചേർന്ന നിന്റെ ഈ സ്ഥിതി എന്ത് കഷ്ടമാണ് അല്ലേ അർജുനൻ ചോദിക്കുന്നത് അപ്പോൾ ഇതിലും ശുഖനെന്ത് മറുപടി പറയുന്നു വാമനേക്കാൾ എടുക്കാനാണ് ശുഖൻ അല്ല ശുക്രൻ ശുക്രൻ ശുക്രൻ എന്തു പറയുന്നു ഭഗവൻ അങ്ങനെ ഒന്നും എന്നോട് പറയുന്നില്ല എനിക്കിവിടെ ഒരു വിഷമവും ഇല്ല എനിക്കിവിടെ ഒരു വിഷമവും ഇല്ല കുതസ്ഥ കർമ്മവൈഷമ്യം എത്രേശ്വരോ ഭവാൻ അങ്ങയെ മാത്രം മുൻനിർത്തിയാണ് ഞാൻ എല്ലാ കർമ്മവും ചെയ്യുന്നത് അപ്പൊ ശിഷ്യനെ ഉപദേശിച്ചത് അങ്ങയെ മുൻനിർത്തി അല്ലെ എനിക്ക് പ്രത്യേകിച്ച് ഉപദേശിക്കണമെന്നോ ഒരു താല്പര്യം എല്ലാ ജോലി ഞാൻ ചെയ്യുന്നു ബ്രഹ്മയജ്ഞം എന്ന നിലയിൽ കുതസ്ഥ കർമ്മവൈഷമ്യം എത്ര കർമ്മേശ്വരോ ഭവാൻ അങ്ങാണ് ഇവിടെ കർമ്മത്തിലെ ഈശ്വരൻ യജ്ഞേശോ ഈ യജ്ഞത്തിന്റെ ഈശ്വരൻ യജ്ഞേശോ സർവഭാവേന ഭാവിത ഇവിടെ നടക്കുന്ന എന്തും അങ്ങയുടെ പൂജ ആ രീതിയിലാണ് ഞാൻ ഇവിടെ എല്ലാം ചെയ്യുന്നത് അതുകൊണ്ട് കർമ്മത്തിൽ എനിക്ക് വിഷമമുണ്ട് എന്നും അങ്ങ് കരുതുകയുമുണ്ട് പോട്ടെ അങ് പറഞ്ഞത് ഞാൻ നടത്തിയത് എന്താ അങ്ങ് പറഞ്ഞു ഈ യജ്ഞം പൂർത്തിയാക്കണമെന്ന് വളരെ സന്തോഷം തഥാപി ഒതത്തോ ഭൂമൻ കരുഷ്യം അനുശാസനം ഏതത് ശ്രേയപരപ്പുംസാം യവാജ്ഞാനുപാലനം മനുഷ്യനെവിടെ അവന്റെ ശ്രേയത്തിന് വഴിതെളിക്കുന്നത് ഒരൊറ്റ കാര്യമേയുള്ളൂ കർമ്മത്തിൽ ദൈവമനുകൂലമാണോ എന്ന് വ്യക്തമായി തിരിച്ചറിഞ്ഞ് കർമ്മത്തെ മുമ്പോട്ട് കൊണ്ടുപോവുക ദൈവത്വം മറഞ്ഞിട്ട് എന്ത് കർമ്മം ചെയ്താലും അതൊക്കെ ആപത്തായി പോയിക്കും മനഃശുദ്ധിയുള്ളയാൾക്ക് ഞാൻ ചെയ്യാൻ പോകുന്ന കർമ്മം ദൈവം അനുകൂലമാണോ എന്ന് അറിയാൻ ഒരു പ്രയാസമില്ല അത് സർവം ബ്രഹ്മമയം എന്ന പരമസത്യം മനസ്സിനെ പഠിപ്പിക്കും തോറും മനസ്സിന് ശുദ്ധി കൂടി വരും ഏത് നിമിഷവും ദൈവമനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് വ്യക്തമായി അറിയാൻ കഴിയും അതിനുള്ള മാനസികമായ കരുത്തും ശാന്തിയും ഭഗവാൻ നമുക്കൊക്കെത്തുന്ന അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ഈ മഹാവീരചരീരം ഇവിടെ അവസാനിക്കുന്നു ഒന്നും ചിന്തിക്കാനില്ല സർവം ബ്രഹ്മമയവും അതുകൊണ്ടിവിടെ ഇപ്പം നമ്മളൊക്കെ ആ ജഗദീശ്വര അംശം ഒരു സംശയവുമില്ല ദൈവാനുകൂല്യമെങ്കിൽ നമുക്ക് കൂടെ കൂടെ കൂടാൻ ആനുകൂല്യം നിൽക്കുന്നിടത്തോളം നമുക്കിനിയും കൂടാൻ ഭഗവത് കാര്യങ്ങൾ ചർച്ച ചെയ്യാം ഇവിടെ വരാനും നിങ്ങൾ ഈ സന്തോഷം പങ്കിടാനും സാധിച്ചതിൽ എനിക്കും ഭഗവാനോട് അതിരഷ്ട നമസ്കാരം